അവർക്ക് നൽകപ്പെട്ട ഓർമ്മപ്പെടുത്തലുകൾ അവർ മറന്നപ്പോൾ എല്ലാ കാര്യങ്ങളുടെയും വാതിലുകൾ നാം അവർക്ക് തുറന്നുകൊടുത്തു അവർക്ക് ലഭിച്ചതിൽ അവർ സന്തോഷിച്ചപ്പോൾ അപ്രതീക്ഷിതമായി നാം അവരെ പിടികൂടി അപ്പോൾ അവർ നിരാശരായിപ്പോയി